ദൈവനാമത്തിന് മഹത്വം ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ നമുക്ക് ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് വളരെ വേഗത്തിൽ നോക്കാം അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആറ് മുതൽ ആറ് മുതൽ ഒൻപത് വരെയുള്ള മൂന്ന് വാക്യങ്ങളിൽ നാല് വാക്യങ്ങളിൽ കർത്താവ് ഒരു ഉപമയാണ് പറയുന്നത് അവൻ ഈ ഉപമയും പറഞ്ഞു ഒരു തന്നെ തൻ്റെ മുന്തിരി തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലതാനും അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ലതാനും അതിനെ വെട്ടിക്കളകാം അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്നാ പറഞ്ഞു അതിനവൻ കർത്താവെ ഞാൻ അതിനു ചുറ്റും കിളച്ച് വളം ഈ ആണ്ടും നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന ഉത്തരം പറഞ്ഞു ഈ ഉപമ പ്രാഥമികമായിട്ട് യഹൂദന്മാരെ ഉദ്ദേശിച്ചു പറയുന്ന ഒരു ഉപമയായിട്ടാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത് എന്നാൽ അതുകൂടാതെ നമ്മളെ സംബന്ധിച്ചും നമുക്ക് ഈ ഉപമ പ്രസക്തമാണ് ഇതിൽ നിന്നുള്ള ചിന്തകൾ നമുക്കും എടുക്കാനായിട്ട് കഴിയും ഒന്നാമത് ഇത് യഹൂദനെ സംബന്ധിച്ചുള്ള ഒരു ഉപമയാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അവനെ സംബന്ധിച്ചത് പ്രസക്തമാകുന്നത് ഇവിടെ ഇതാ ഒരു അതിവൃക്ഷം മുന്തിരിത്തോട്ടത്തിൽ നട്ടതായിട്ടാണ് പറയുന്നത് അത്തി എന്ന് പറയുന്നത് പൊതുവെ യഹൂദനെ കാണിക്കുന്നതാണ് യഹൂദനാണ് അതിവൃക്ഷം ഇരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നോക്കുകയായി ഇരമ്യാവ് ഇരുപത്തി നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ രണ്ട് കൊട്ട അത്തിപ്പഴം പ്രവാചകനെ കാണിക്കുന്നതും ഇരമ്യാവ് അതിലെ യഹൂദാബദ്ധന്മാരാണ് ഇതിൻ്റെ അകത്ത് രണ്ട് കൊട്ട അത്തിപ്പഴത്തിൽ നല്ല അത്തിപ്പഴമെന്ന് പറയുന്നതും ചുരുക്കത്തിൽ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ യഹൂദനാണ് അത്തി അവനിലെ ഉള്ള ഫലമാണ് അത്തിപ്പഴം എന്ന് ബൈബിളിലെ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ഇരമ്യാവിലെ ആ കാര്യം വ്യക്തമായിട്ടാണ് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതാ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അതിവൃക്ഷം എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ ഉദ്ദേശിച്ചാണ് യഹൂദനെ ഉദ്ദേശിച്ചാണ് എന്ന് നമുക്ക് ആ തുടക്കത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ മുന്തിരി ഈ അതിവൃക്ഷം മുന്തിരിത്തോട്ടത്തിലാണ് നട്ടിരുന്നത് മുന്തിരിത്തോട്ടത്തെ അതിനെ എരുഷലേമിനോട് ചേർത്ത് പറയാറുണ്ടല്ലോ ഏർ ദൈവത്തിന്റെ തോട്ടം പഴയ നിയമത്തില് ശിയാവിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ പ്രിയതമനെ ഏറ്റവും ഫലവത്തായ കുന്നിന്മേലൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് യഹൂദ പുരുഷന്മാരും ഇരിശിലെ നിവാസികളുമായുള്ളവരെ എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യ വിധിപ്പീൻ എന്ന് പറയുന്ന ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കുക അവിടെ ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ അതിവൃക്ഷത്തെ നടാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഭൂപ്രദേശം എരിശലേമും ഒക്കെ ഉൾപ്പെടുന്ന ആ ഇസ്രായേൽ നാടിനെയാണ് പഴയ നിയമത്തിൽ ഈ മുന്തിരിത്തോട്ടം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പം നോക്കുക അങ്ങനെയുള്ള ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ സ്ഥലത്ത് അബ്രഹാമിന് അത് വാഗ്ദാനമായിട്ട് ലഭിച്ചതാണ് നിനക്ക് ഈ സ്ഥലം നൽകും അങ്ങനെ ആ മുന്തിരിത്തോട്ടം ആ മുന്തിരിത്തോട്ടത്തിൽ തന്നെ ആ ഇസ്രായേൽ ജനം ആ അതിവൃക്ഷം അതിനെ നട്ടു എന്നാൽ കർത്താവ് നമ്മളവിടെ വായിക്കുമ്പോൾ ഈ ഇസ്രായേൽ ആ അല്ലെങ്കിൽ ആ അതിവൃക്ഷത്തിന്മേൽ കർത്താവ് ഫലം തിരഞ്ഞു ഫലം തിരഞ്ഞു ദൈവം ഫലം തിരഞ്ഞപ്പം അവനില് ഫലമൊന്നും കാണുന്നില്ല ഇവിടെ ഇതാ ദൈവം പറയുന്നു മൂന്ന് സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ലതാനും മൂന്ന് വർഷമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് പരശുശുശ്രൂഷ ചെയ്ത യഹൂദന്മാരുടെ ഇടയിൽ മാത്രമാണ് കർത്താവ് അന്ന് ശുശ്രൂഷിച്ചത് പ്രാഥമികമായും അങ്ങനെയുള്ളപ്പോൾ ആ മൂന്ന് സംവത്സരം കർത്താവ് പരശുശുശ്രൂഷ ചെയ്തിട്ടും ഈ അത്തിയിൽ ഒരു ഫലം കാണുന്നില്ല അതുകൊണ്ട് ഇതിനെ വെട്ടിക്കളയാം ഇതെന്തിനാണ് നിലത്തെ നിഷ്ഫലമാക്കി ഇങ്ങനെ നിൽക്കുന്നത് എന്ന ദൈവം പിതാവായ ദൈവം ചോദിക്കുന്നു എന്ന് നമുക്കതിനെ വ്യാഖ്യാനിക്കാം അതിന് അവൻ മൂന്നാം ഏർ എട്ടാമത്തെ വാക്യം അതിന് അവൻ അവനെന്ന് പറയുന്നത് കർത്താവായ യേശു പുത്രൻ തമ്പുരാൻ പുത്രൻ തമ്പുരാൻ എന്ത് പറയുന്നു പുത്രൻ തമ്പുരാൻ പറയുന്നു ഞാന് ഇതിനെ കിളച്ച് വളം ഇടവളം ഒരാണ്ടും കൂടെ നിൽക്കട്ടെ അപ്പൊ മൂന്ന് മൂന്ന് വർഷമായിട്ട് ഞാന് ഇവരുടെ അടുത്ത് പരശുശുശ്രൂഷ നടത്തി ഇവരിൽ ഫലമൊന്നും കണ്ടില്ല എന്നാലും ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറയുന്നു പിതാവ് അത് അംഗീകരിക്കുന്നു എന്നാൽ കർത്താവ് അവിടെ ആ ഒരു വർഷം അല്ലെങ്കിൽ അരവർഷം മൂന്നര വർഷമാണല്ലോ കർത്താവ് ആ പരശുശുശ്രൂഷയും തുടർന്നുള്ള ക്രൂശി എല്ലാം കൂടെ എടുത്തതായിട്ട് നമ്മൾ കരുതുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഒരാണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ നോക്കുക കർത്താവിൻ്റെ സ്വന്തം ജനത്തെക്കുറിച്ചുള്ള യഹൂദാജാതിയെക്കുറിച്ചുള്ള പ്രതീക്ഷ നോക്കുക മേലേൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു കണ്ടോ പിതാവ് നോക്കിയപ്പോൾ മൂന്ന് വർഷമായിട്ട് ഇതിൽ പുത്രൻ തമ്പുരാൻ ഇവരോട് ശുശ്രൂഷിച്ചിട്ടും ഫലമൊന്നും കാണുന്നില്ല അതുകൊണ്ട് വെട്ടിക്കളയാമെന്ന് പറഞ്ഞു പക്ഷേ കർത്താവ് പിതാവിൻ്റെ അടുത്ത് ഇവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ് ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം കർത്താവ് പിന്നെയും പരസ്യശുശുശ്രൂഷ പിന്നെയും നീട്ടിക്കിട്ടിയ ഒരു വർഷത്തിൽ പകുതി വർഷം കൂടെ ഇവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുകയും ഒടുവിൽ താനെ കാൽവെക്രൂശിയിൽ മരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഈ നിലയിലെ യഹൂദൻ ഒരു ജാതി എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ട് ഫലം കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല അതിനെ തുടർന്ന് എന്ത് എന്ത് പറ്റുന്നു അവരെ വെട്ടിക്കളയുന്നത് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതായത് എ ഡി എഴുപതിൽ എഴി എഴുപതിൽ ഇത് ഈ നഗരം നശിപ്പിക്കുകയും അവരുടെ ദേവാലയം നശിപ്പിക്കുകയും അങ്ങനെ ഇസ്രായേലിനെ ചിതറിച്ച് കളയുകയും അങ്ങനെ അവരെ വെട്ടിക്കളയുന്ന ഒരു അനുഭവം നമ്മളവിടെ കാണും ഇതാണ് യഹൂദനെ സംബന്ധിച്ചുള്ള ഉപമയുടെ വ്യാഖ്യാനം എന്നാൽ നമ്മളെ സംബന്ധിച്ചോ നമുക്ക് വേണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചും ഇതെടുക്കാം നമ്മളും ഒരു അതിവൃക്ഷമാണ് ദൈവത്തിൻ്റെ പുതിയ നിയമ ഇസ്രായേലായ സഭ ഒരു അതിവൃക്ഷമാണ് കാര്യം യഹൂദൻ അതിൻ്റെ നിഴലും സഭ പൊരുളുമാണല്ലോ അപ്പോൾ എന്ന് പറയുന്നത് സഭയെ ഉദ്ദേശിച്ച് പറയുന്നതായിട്ട് നമുക്ക് എടുക്കാം അത് മുന്തിരിത്തോട്ടത്തിലാണ് നട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ മേൽനോട്ടമുള്ള മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന അതിവൃക്ഷമാണ് നമ്മൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഫലം തിരയുന്നുണ്ട് ഫലം തിരയുന്നു ഫലമുണ്ടാവണം നമ്മൾ ഏ നോക്കുക നമ്മളെ ദൈവം നട്ടിരിക്കുന്നതാണ് അല്ലാതെ വെറുതെ കിളിച്ച് വന്നതല്ല നമ്മളെ എഫ് എ സി ലേഖനം ഒന്നാമത്തെ ആയതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പേ കണ്ട് നമ്മളെ ഓരോ കാലഘട്ടത്തിൽ ഈ സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന അതിവൃക്ഷങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അല്ലാതെ യാദൃച്ഛീകമായിട്ട് വന്നതല്ല അതുപോലെ തന്നെ ഫലം തിരഞ്ഞു നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മളൊരു ഫലം നൽകണം നമ്മൾ കേവലം ഇല ഉണ്ടായാൽ പോരാ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നിൻ്റെ പതിമൂന്ന് നോക്കുക ഇലയുള്ള ഒരു അതിവൃക്ഷം കർത്താവ് കണ്ടു അതിൽ ഫലം ഉണ്ടാകുമെന്ന് വിചാരിച്ചു ഇലയല്ലാതെ ഒന്നും കണ്ടില്ല മത്തായി എഴുതി സുവിശേഷം ഇരുപത്തൊന്നിൻ്റെ പത്തൊമ്പതിലും ഇതേ കാര്യം തന്നെ പറയുന്നു അതുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഫലം തിരയുന്നു നമ്മൾ ഇല മാത്രം പോരാ ഇതാണ് അവിടെ നിന്ന് എടുക്കാവുന്ന കാര്യം മൂന്നാമത് ഇവിടെ പറയുന്ന ഒരു കാര്യം ഇത് നിലത്തെ നിഷ്ഫലമാക്കുന്നു നമ്മൾ വേണ്ട നിലയിൽ ഫലം കൊടുക്കുന്നില്ലെങ്കിൽ ഫലം കൊടുക്കാതെ ഇരുന്നാൽ നമ്മൾ ഫലം കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല മറ്റൊരാളുടെ സാധ്യതയൂടെ ഇല്ലാതാക്കുകയാണ് നിലത്തെ നിഷ്ഫലമാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് ഉണ്ടാകരുത് അതുകൊണ്ട് നല്ല തോട്ടക്കാരനായ കർത്താവ് നമുക്ക് മധ്യസ്ഥത ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫലമില്ലെങ്കിലും കർത്താവ് പറയുന്നു ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറയുന്നു നിൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യാം കിളയ്ക്കാം കിളയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ അതിവൃക്ഷത്തിന് അത്ര സന്തോഷമുള്ള കാര്യമല്ല വേരുകൾ ചിലപ്പം പൊട്ടിപ്പോകും നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ഇടപെടുന്നത് ചിലപ്പോ ആ നിലയിൽ അത്ര സന്തോഷകരമായിരിക്കേയില്ല എന്നാ പിന്നീട് കാണുന്നതോ വളമിടാമെന്ന് പറയുന്നു വളമിടുക എന്ന് പറയുമ്പോൾ അത് സന്തോഷകരമായ കാര്യമാണ് എന്നിട്ട് പറയുന്നു ഒരാണ്ടുകൂടെ നിക്കട്ടെ ഒരാണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു വർഷം കൊണ്ട് ഇത്രയും നമ്മൾ വേണ്ട പോലെ ഫലം കായ്ച്ചില്ല ഒരാണ്ടുകൊണ്ട് എങ്ങനെ ഫലം കായ്ക്കും എന്ന് വിചാരിച്ചാൽ ഒരു വർഷമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് അതിനെ ഒരു വേദപണ്ഡിതൻ മിനിറ്റുകളായിട്ടും സെക്കൻഡുകളായിട്ടും കണക്ക് കൂട്ടിയിട്ടുണ്ട് അഞ്ച് ഒരു വർഷത്തിലുള്ളത് എണ്ണായിരത്തി എഴുന്നൂറ്റി മണിക്കൂറുകളാണുള്ളത് മൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരം സെക്കൻഡുകളാണുള്ളത് അപ്പൊ ഒരാണ്ടൂടെ നിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരാണ്ട് തീർച്ചയായിട്ടും ഫലം കായ്ക്കാൻ മതിയായ സമയമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കപ്പം ഇതിൽ നിന്ന് നമുക്കൊരു ചിന്തയെടുക്കാം നമ്മൾ സഭയാകുന്ന നടപ്പെട്ടിട്ടുള്ള അതിവൃക്ഷമാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ യാദൃച്ഛീയമായിട്ട് കിളിച്ചു വന്നതല്ല എഫ് എ സി നാലിൽ പറയുന്നത് പോലെ ബോധപൂർവം നമ്മളെ നട്ടതാണ് അതുപോലെ തന്നെ തോട്ടക്കാരൻ ദൈവം നമ്മിൽ ഒരു ഫലം തിരയുന്നു നമ്മിൽ കേവലം ഇല പോര ഇല മാത്രമുള്ള വൃക്ഷത്തെ ശപിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ നമ്മൾ നിലത്തെ നിഷ്പലമാക്കരുത് നമ്മൾ ഫലം കൊടുത്താലേ നിലത്തെ നിഷ്ഫലമാക്കാതെ നിൽക്കാനായിട്ട് കഴിയുള്ളു അതിനു ഓ തോട്ടക്കാരൻ എന്ത് ചെയ്യുന്നു നമുക്ക് വേണ്ടി കർത്താവ് മത്യസ്ഥത ചെയ്യുന്നു ഒരു വർഷം കൂടെ നിൽക്കട്ടെ ഇതേ വരെ നമുക്ക് ആ നിലയിൽ ഫലം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വർഷം കൂടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ധാരാളം സമയമുണ്ട് അതിനിടയിൽ കർത്താവ് നമ്മളെ വളമിട്ടും കിളച്ചും ഒക്കെ ശുശ്രൂഷിക്കും അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ഫലം കായ്ക്കണമെന്നാണ് അവിടുത്തെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അത് സംഭവിച്ചില്ലെങ്കിലോ സംഭവിച്ചില്ലെങ്കിൽ കണ്ടോ അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഒരു തീർപ്പ് കാണുന്നു വെട്ടിക്കളയാ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകരുത് നമുക്ക് ഫലം കായ്ക്കുന്നവരായിട്ടായിരിക്കാം വ്യക്തിപരമായിട്ട് സഭയാകുന്ന തോട്ടത്തിൽ നടപ്പെട്ട അതിവൃക്ഷങ്ങളാണ് നമ്മൾ നമ്മൾ ഫലം കായ്ക്കുന്നവരായിരിക്കാം ദൈവത്തിനെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുന്നവരായിരിക്കാം നിലത്തെ നിഷ്ഫലമാക്കാതെ നമുക്ക് നിൽക്കാം ദൈവം ഇതിന് നമ്മളെ സഹായിക്കും ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ പത്ത് മുതല് പതിനേഴ് വരെ നമ്മളെ മറ്റൊരു സംഭവമാണ് കാണുന്നത് കർത്താവായ യേശു ഒരു ശപത്തിൽ ഒരു പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ആ കൂടി വന്ന ആളുകളുടെ കൂട്ടത്തിൽ കർത്താവ് നോക്കുമ്പം പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു സ്ത്രീയെ നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇവിടെ ഈ നിലയിൽ പതിനെട്ട് വർഷമായിട്ട് കൂഞ്ഞി നടന്ന ഒരു സ്ത്രീക്ക് കർത്താവ് സൗഖ്യം കൊടുത്തപ്പോൾ അവിടെ എന്താ നമ്മൾ കാണുന്നത് അവിടെ ശബത്തിനെ ലംഘിച്ചു എന്ന് പറഞ്ഞ് പള്ളിപ്രമാണിയും മറ്റും നീരസപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ തന്നെ ഒരു സംഭവം പതിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനാലാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ ഒരു ശപത്ത് കർത്താവ് മഹോദരമുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കി അതും ശബത്തിലാണ് ചെയ്തത് പക്ഷെ ഇതിനെക്കുറിച്ച് പരീക്ഷന്മാർക്ക് ഒക്കെയും പരാതി ശബത്തിനെ കർത്താവ് മാനിക്കുന്നില്ല അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി എന്താണ് പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലും പതിനാലാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിലും ഏതാണ്ട് ഒരേപോലെ കർത്താവ് അതിനൊരു നാല് അഞ്ച് വാക്യത്തിലും കർത്താവ് ഏതാണ്ട് ഒരേപോലെ അതിനൊരു മറുപടി നൽകുക എന്താ കർത്താവ് കൊടുക്കുന്ന മറുപടി കപടഭക്തിക്കാരെ നിങ്ങളിൽ ഒരുത്തൻ ശപത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊട്ടിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുകയില്ലേ അപ്പോൾ ഒരു കാളയോടോ കഴുതയോടോ ഉള്ളതിൻ്റെ അത്രയും പോലും സഹതാപം മറ്റൊരു മനുഷ്യജീവിയോടും നിങ്ങൾക്കില്ലേ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ശബത്തത് ആളിൽ ഒരു തൻ്റെ മകനോ ഒരു കാളയോ കിണറ്റിൽ വീണാൽ അതിനെ ക്ഷണത്തിൽ വലിച്ചെടുക്കുകയില്ലേ അപ്പോൾ നോക്കുക ഇവിടെ ഇവര് ശപത്തിനെ ലംഘിക്കുന്നു എന്ന് കർത്താവിനെ ആക്ഷേപിക്കുമ്പോൾ തന്നെ കർത്താവ് അവരെ അവരുടെ കപടഭക്തിയെ കർത്താവ് ആ തൊലിയൊരിച്ച് അവരെ ശാസിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമുക്ക് വളരെ വേഗത്തിൽ ആ പതിമൂന്നാം അധ്യായത്തിലേക്ക് തന്നെ വരാം അവിടെ പത്ത് മുതലുള്ള വാക്യത്തിൽ ആ കർത്താവ് കൂനിയായ ആ സ്ത്രീയെ സൗഖ്യമാക്കുന്ന ആ രംഗം വിവരിക്കുന്നിടത്ത് ഒരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് കഴിയും സാധാരണ കർത്താവ് എവിടെയെങ്കിലും ഒരു ഒരു രോഗിയെ സൗഖ്യമാക്കണമെന്നുണ്ടെങ്കിൽ ആ രോഗി കർത്താവിനോട് ആവശ്യപ്പെടും കർത്താവെ എന്നെ സൗഖ്യമാക്കണേ എന്ന് ആ ആവശ്യപ്പെടും അല്ലെങ്കിൽ രോഗിയോട് കൂടെ ഒരു ബാലനാണെങ്കിൽ അതിൻ്റെ അമ്മ അല്ലെങ്കിൽ അതിൻ്റെ പിതാവ് ആവശ്യപ്പെടും കർത്താവ് എൻ്റെ മകനെ എൻ്റെ മകളെ സൗഖ്യമാക്കണേ എന്നാവശ്യപ്പെടും അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാലാണ് സാധാരണ കർത്താവ് ഒരു രോഗസൗഖ്യം നൽകുന്നത് പക്ഷെ ഈ സംഭവത്തിൽ ഇതിൻ്റെ ലൂക്കോസ് പതിമൂന്നിൻ്റെ പത്ത് മുതലുള്ള നമ്മൾ വായിക്കുന്ന ഈ പള്ളിയിൽ വെച്ച് കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കി ആ വായിക്കുമ്പോൾ അവിടെ ആ സ്ത്രീ ആകട്ടെ അവളോടുകൂടെയുള്ള ആരെങ്കിലും ആകട്ടെ അവളെ സൗഖ്യമാക്കണേ എന്ന് പറയുന്നില്ല കർത്താവ് തന്നെ നോക്കിയപ്പോൾ ഇതാ പതിനെട്ട് വർഷമായിട്ട് ഒരു രോഗാത്മാവ് ബാധിച്ച കൂനിയായ സ്ത്രീയെ കണ്ടിട്ട് കർത്താവ് അവളോട് സഹതാപം തോന്നി അവൾ ആവശ്യപ്പെടാതെ തന്നെ അല്ലെങ്കിൽ അവളുടെ ബന്ധുക്കൾ ആവശ്യപ്പെടാതെ തന്നെ അല്ലെങ്കിൽ ശിഷ്യന്മാർ ആരെങ്കിലും പറയാതെ തന്നെ കർത്താവ് താനായി തന്നെ അവളെ സൗഖ്യമാക്കുന്നതാണ് കാണുന്നത് പ്രിയപ്പെട്ടവർ കർത്താവായ യേശു താൻ തൻ്റെ പരശ്യശുശ്രൂഷയുടെ രംഗങ്ങളിലൊക്കെയും അന്നത്തെ സമൂഹം ഇന്നത്തേനേക്കാളും രണ്ടായിരം വർഷം പുറകിലുള്ള ഒരു സമൂഹമാണെന്ന് ഓർക്കണം അപ്പോൾ ഇന്ന് പോലും സ്ത്രീക്ക് വേണ്ടത്ര പുരുഷനോടൊപ്പം ആ നിലയിൽ ഒരു അംഗീകാരം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ രണ്ടായിരം വർഷം മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ കർത്താവ് എന്ത് ചെയ്തു കർത്താവ് അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ത്രീകളുടെ മൗന ദുഃഖങ്ങൾ കർത്താവ് തന്നെ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് തൻ്റെ കൂട്ടത്തിൽ ചില സ്ത്രീകളെ കൂടെ കൊണ്ട് നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവർക്ക് അർഹമായ പ്രാധാന്യം കർത്താവ് നൽകുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് നമ്മളും കർത്താവിൻ്റെ കാൽ കാൽപ്പാടുകളെയാണ് അനുഗമിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സുവിശേഷമാണ് നമ്മളും പ്രഘോഷിക്കുന്നതുണ്ടെ നമ്മൾ ഇന്ന് എന്ത് വേണം നമ്മളും ആ സ്ത്രീയെ നേരെ നിൽക്കാനായിട്ട് നമ്മൾ സഹായിക്കണം എന്നാലേ നമുക്ക് കർത്താവിൻ്റെ ആ കാൽപ്പാടുകളെ നമ്മൾ പിന്തുടരുന്നുള്ളൂ എന്ന് പറയാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഇത്രയും സമൂഹം മുന്നോട്ട് വന്നിട്ടും പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു കുടുംബമാകട്ടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതാകട്ടെ അവിടെയൊക്കെയും അതിൻ്റെ ഭാരം ഒരു സ്ത്രീയുടെ മേൽ വന്ന് അവൾ അങ് കൂനിയായി പോവുകയാണ് നമുക്കറിയാമല്ലോ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കണമെങ്കിൽ കുനിഞ്ഞു നിൽക്കണം ഒരു അടുപ്പിൽ പുകയൂതണമെങ്കിൽ കുനിഞ്ഞു നിൽക്കണം ഇന്നാണ് അടുപ്പൊക്കെ കുറച്ചുകൂടെ ഉയരത്തിലൊക്കെ ക്രമീകരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് കൂനിയായ സ്ത്രീ എന്ന് പറയുന്നിടത്തു നിന്ന് അതിനെ നമുക്കൊരു പ്രതീകമായിട്ട് എടുക്കാൻ കഴിഞ്ഞാൽ പുരുഷനെ പോലെ നട്ടലിലോടെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ സമൂഹമുണ്ടെങ്കിൽ അതിൻ്റെ മൗനദുഃഖങ്ങളെ കർത്താവിനെ പോലെ നമ്മളും മനസ്സിലാക്കുകയും അവളോട് സഹതപിക്കുകയും ചെയ്യാൻ നമുക്കൊരു കടപ്പാടുണ്ട് സഭയ്ക്ക് അങ്ങനെ ഒരു കടപ്പാടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഓർക്കുക സുവിശേഷം മാത്രമാണ് ഈ നിലയില് പുരുഷനും സ്ത്രീക്കും ആ നിലയിൽ അവർക്ക് തുല്യ പരിഗണന സുവിശേഷം നൽകുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ഓരോരുത്തർക്കും ആ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന ഏതൊരു ആത്മാവും അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവർ ആ ഒരു വേർ അവരെ ഉൾക്കൊള്ളുകയും അവരെ സഭയിൽ സ്വീകരിക്കുകയും മുന്നോട്ട് നടത്തുകയും ചെയ്യുന്ന ആ ഒരു കാഴ്ചപ്പാട് കർത്താവായി യേശു ക്രിസ്തു ജീവിതത്തിൽ കൊണ്ടുവരികയും സുവിശേഷങ്ങളിലെ ഈ നിലയിലൊക്കെ പല സംഭവങ്ങളിലൂടെ വരച്ച് കാട്ടുകയും ചെയ്തിട്ടുള്ളത് ക്രിസ്തീയത ഈ കാര്യത്തിലെ മറ്റു മതങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ മുമ്പിൽ നിൽക്കുന്നു നമ്മളും എന്ത് വേണം നമ്മളൊരു സമൂഹമെന്നുള്ള നിലയിലും ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന പുരുഷനായാലും അല്ലെങ്കിൽ മുതിർന്ന മകനാണെങ്കിലും പ്രായമായ അമ്മ സഹോദരി അവരെയൊക്കെ ആ നിലയിൽ കർത്താവിൻ്റെ ഒരു മനോഭാവത്തോടെ കാണുവാനും അംഗീകരിക്കുവാനും ഒക്കെയുള്ള ഒരു ബാധ്യതയിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത് എന്നുകൂടെ ഒരു സന്ദേശം ഈ കൂനിയായ സ്ത്രീയെ കർത്താവ് അവൾ ആവശ്യപ്പെടാതെ തന്നെ സൗഖ്യമാക്കിയ ഈ സംഭവത്തിൽ നിന്ന് നമുക്കെടുക്കാം എന്ന് തോന്നുന്നു പ്രിയപ്പെട്ടവർ ഇവിടെ കണ്ടോ ഇങ്ങനെ യേശു ഇവിടെ ക്ഷണത്തിൽ നിവർന്ന് നിൽക്കാൻ ഇടയാക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ആ ശ ആ പള്ളി സത്യത്തിൽ ആ പള്ളിയിൽ എല്ലാ ശബത്തിലും വരികയും അവിടുത്തെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന ഈ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയതിൽ പള്ളിപ്രവാണി സന്തോഷിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഇത് ആ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പള്ളിപ്രവാണി നീരസപ്പെട്ടു നീരസപ്പെട്ടു പതിനാലാമത്തെ അധ്യായത്തിലും അവിടെ പരീശന്മാർ ആ നിലയിൽ ശബത്തിൽ സൗഖ്യമാക്കുന്നത് ശരിയല്ല എന്നൊരു കാഴ്ചപ്പാടാണ് എടുക്കുന്നത് ഇവിടെ ഈ പള്ളിപ്രവാണി പറയുക അവിടെ പറയുന്നു വേല ചെയ്യുവാൻ ആറ് ദിവസം ഉണ്ടല്ലോ അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊൾവിൻ ശപത്തിലരുത് എന്നാ പറഞ്ഞു ഇത് കേട്ടാൽ തോന്നും ശപത്തല്ലാത്ത ബാക്കി ആറു ദിവസം ഈ സ്ത്രീയോ അല്ലെങ്കിൽ ആവശ്യക്കാരോ വന്നാൽ അവരെ ആര് സൗഖ്യമാക്കും സൗഖ്യമാക്കാൻ പള്ളിപ്രമാണിക്ക് കഴിയില്ല മതത്തിന് കഴിയയില്ല കർത്താവിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് അയാള് കർത്താവിനേക്കാൾ മേലെ ആ യഹൂദാ മതത്തിൻ്റെ പ്രമാണങ്ങളെ പ്രമാണങ്ങൾക്ക് സ്ഥാനം നൽകുന്നത് കർത്താവ് പക്ഷേ അതിൻ്റെ കാപട്യത്തെ തുറന്നു കാണിക്കുന്നു കപട പറ്റിക്കാരെ നിങ്ങൾക്കൊരു കാ നിങ്ങളുടെ ഒരു കാളയോടോ കഴുതയോടോ ഉള്ളൊരു സഹതാപം പോലും ഈ സ്ത്രീയോടെ നിങ്ങൾക്കില്ലല്ലോ നിങ്ങളുടെ സഹജീവികളോട് നിങ്ങൾക്കില്ലല്ലോ ഏ ഇവിടെ അത് പറയുന്നു പതിനാലാമത്തെ അധ്യായത്തിൽ അതുപോലെ തന്നെ ഒരു കാളയോ മറ്റോ കിണറ്റിൽ വീണാലും നിങ്ങൾ വലിച്ചെടുക്കും എന്നാൽ ഈ നിലയിലുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങളോടും നിങ്ങൾ കണ്ണടയ്ക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നോക്കുക കർത്താവ് എത്ര എത്ര ആളുകളോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ മനോഭാവത്തെ നമ്മൾ എത്ര ആദരവോടെയാണ് കാണേണ്ടത് ഏ മനുഷ്യന് പ്രാധാന്യം നൽകുന്ന ആ പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അവനെ കൈപിടിച്ച് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ആ ഒരു മനോഭാവം അതിന് ലിംഗ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള മതത്തിൻ്റെ ആചാരങ്ങൾ സംബന്ധിച്ചുള്ള കർത്താവിൻ്റെ ഏതെങ്കിലും ഒരു ചിന്തയൊന്നും ഒരിടത്തും തടസ്സമായിട്ട് നിൽക്കുന്നില്ല രണ്ടായിരം വർഷം മുമ്പ് ഒരു സമൂഹത്തിൽ കർത്താവ് ഇങ്ങനെ പെരുമാറിയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിൽ നിന്നൊക്കെ പാഠമെടുത്ത് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും സ്ത്രീകൾക്കുമൊക്കെ അർഹമായ പ്രാധാന്യം നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നൊരു ചിന്തയുടെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം എന്ന് തോന്നുന്നു അതുപോലെ തന്നെ പതിനാലിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പതിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പതിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ആളുകൾ ചെന്ന് മുഖ്യാസനങ്ങൾ എടുക്കുന്നതിനെ കർത്താവ് പറയുന്നു നിങ്ങൾ മുഖ്യാസനങ്ങളില് നിങ്ങൾ പോയി നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾ ഒടുക്കത്തെ സ്ഥലത്തിരുന്നാൽ നിങ്ങളെ ക്ഷണിച്ചവൻ വരുമ്പോൾ സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറവാന് ഇടവരട്ടെ എന്ന് കർത്താവ് ആഹ് അവിടെ പറയുന്നു ഇത് സദൃശവാക്യം ഇരുപത്തി അഞ്ചിൻ്റെ ഏഴില് പറഞ്ഞിരിക്കുന്ന ആ ചിന്ത തന്നെയാണ് കർത്താവ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമ്മളായിട്ട് ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ ഒരു മുഖ്യ സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലരുത് ദൈവം നമ്മിൽ നിന്ന് താഴ്മയുള്ള ഒരു മനോഭാവത്തോടെ പെരുമാറാനാഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പതിനാലിൻ്റെ പത്തിൽ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോൾ നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പല രംഗങ്ങളിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട പല കാഴ്ചപ്പാടുകൾ ഈ അധ്യായങ്ങളിൽ നിന്നൊക്കെ പതിമൂന്നിൽ നിന്നും പതിനാലിൽ നിന്നുമൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും കർത്താവിൻ്റെ ആ പെരുമാറ്റം കർത്താവിൻ്റെ സംസാരം വാക്കുകൾ ഇതിൽ നിന്നൊക്കെ ഇന്നും പ്രസക്തമായ പല കാഴ്ചപ്പാടുകളും പല മനോഭാവങ്ങളും സ്വീകരിപ്പാൻ നമുക്ക് കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഖണ്ണികയിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യത്വ ജീവിതത്തിൻ്റെ വളരെ വിശദമായിട്ട് പറയുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇതാ ഏറിയ പുരുഷാരം കർത്താവിനോടൊപ്പം പോകുമ്പോൾ കർത്താവ് തിരിഞ്ഞു നിന്ന് അവർക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ശിഷ്യത്വത്തിൻ്റെ പടികളെക്കുറിച്ചും ക്രൂശ് എടുത്ത് തൻ്റെ പിന്നാലെ വരുന്നതിനെക്കുറിച്ചും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിഞ്ഞാലേ ഒരുത്തൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യവും ഒക്കെ പറയുന്നുണ്ട് കർത്താവ് ഒരിക്കലും ആ നിലയിൽ ആൾക്കൂട്ടത്തെ നോക്കി അവർക്കിഷ്ടമുള്ള കാര്യം പറയുന്ന ഒരാളായിരുന്നില്ല കർത്താവ് എന്താ ആളുകളോട് ഉള്ള കാര്യം യാഥാർത്ഥ്യം മുഖം നോക്കാതെ പറഞ്ഞു ഇവിടെ തൻ്റെ പിന്നാലേ ഏറിയ പുരുഷാരമാണുള്ളത് ഈ ഏറിയ പുരുഷാരത്തെ കാണുമ്പോൾ സാധാരണ നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു നേതാവാണെങ്കിലും ഒക്കെ ആ പുരുഷാരത്തിന് തൃപ്തി തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞ് ആ അണികളെ കൂടെ കൊണ്ട് നടക്കാനാണ് പലപ്പോഴും താല്പര്യപ്പെടുക അല്ലാതെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞ് അവരെ ആ കൂട്ടത്തിന് പറഞ്ഞയക്കാൻ സാധാരണ നിലയിൽ ജനപ്രീതി ആഗ്രഹിക്കുന്ന ആരും തയ്യാറാവുകയില്ല പക്ഷേ കർത്താവിന് എന്ത് വേണ്ട ജനപ്രീതി വേണ്ട ആളുകളോട് സത്യം പറയുന്ന ഒരു മനോഭാവമാണ് കർത്താവ് ഇവിടെ കൈക്കൊള്ളുന്നത് നമ്മെ സംബന്ധിച്ചും സഭയെന്നുള്ള നിലയിലും വ്യക്തികളെന്നുള്ള നിലയിലും നമ്മളും സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇതാ ശിഷ്യത്വത്തിൻ്റെ പല പടികൾ പറഞ്ഞിരിക്കുന്നു നമുക്ക് അതെല്ലാം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ് എങ്കിലും ഇവിടെ നിന്ന് ശിഷ്യത്വത്തിൻ്റെ ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ എടുക്കാം എന്ന് തോന്നുന്നു എൻ്റെ പതിനാലിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പായിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല അപ്പം ശിഷ്യനാകണമെങ്കിൽ എന്തു വേണം മറ്റു ബന്ധങ്ങളെക്കാളും തന്നെക്കാളും കവിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവണം അപ്പനോടോ അമ്മയോടോ ഭാര്യയോടോ മക്കളോടോ സഹോന്മാരോടോ സഹോദരികളോടോ തന്നോട് തന്നെയോ ആ നിലയിലുള്ള ഒരു സ്നേഹം അരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത് പരിഗണന അരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനെ കവിയുന്ന ഒരു പരിഗണന അതുല്യമായ ഒരു സ്നേഹം താരതമ്യമില്ലാത്ത ഒരു സ്നേഹം ദൈവത്തിന് കൊടുക്കണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ എന്ന് പതിനാലിൻ്റെ ഇരുപത്തിയാറിലെ പറയുന്നു പ്രിയപ്പെട്ടവർ നമ്മളെ കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളപ്പോഴ് എന്ത് വേണം അപ്പനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും സഹോന്മാരോടും സഹോദരികളോടും നമ്മുടെ ജീവിതത്തോടും തന്നെ നമ്മൾ ന്യായമായിട്ടുള്ളത് പ്രവർത്തിക്കണം അതിൻ്റെ തെറ്റൊന്നുമില്ല അപ്പനോടും അമ്മയ്ക്കും അവർക്ക് ചെലവിനുള്ളത് കൊടുക്കണം ആ സഹോദരിയുടെയും അവരുടെ ആവശ്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുത് ഞാനേ ശിഷ്യനാണ് ഞാൻ നിങ്ങളുടെ കാര്യം നോക്കുകയില്ല എന്നു പറഞ്ഞ് ഒരു കപടഭക്തിയിലേക്ക് നമ്മൾ പോകരുത് അവരെ നമ്മൾ ആദരിക്കും സ്നേഹിക്കും അവരെല്ലാം അംഗീകരിക്കും അപ്പോൾ തന്നെ അവരെയൊക്കെ കവിയുന്ന അതുല്യമായ ഒരു സ്നേഹം നമ്മൾ ദൈവത്തിന് കൊടുക്കും ഇവിടെ കണ്ടോ ഈ ബന്ധങ്ങളെ മാത്രമല്ല സ്വന്തം ജീവനേയും കൂടെ ഈ ലോകത്തുള്ള ആളുകളൊക്കെ ആത്യന്തികമായിട്ട് ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരവരെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നാൽ ഒരു ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ പോകുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് വേണം നമ്മൾ ആ നിലയിൽ നമ്മളേക്കാൾ കവിയുന്ന ഒരു സ്നേഹം കർത്താവിന് നൽകണം അതാണ് ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ പടിയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പതിനാലിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ അടുത്ത വാക്യത്തിൽ ശിഷ്യത്വത്തിൻ്റെ രണ്ടാമത്തെ ഒരു വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നു തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്നവിടെ പറഞ്ഞിരിക്കുന്നു അപ്പം രണ്ടാമതെന്താ വേണ്ടത് നമ്മൾ നമ്മുടെ ക്രൂശെടുത്ത് ദിനംതോറും കർത്താവിനെ അനുഗമിക്കുന്ന ഒരു കാര്യമായിരിക്കണം അതിൻ്റെ രണ്ടാമത്തെ വ്യവസ്ഥയായിട്ട് ഇവിടെ പതിനാലി ഇരുപത്തി ഏഴിലെ കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോൾ കഷ്ടതകളും അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിനായിട്ട് കർത്താവിനെ അനുഗമിക്കാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന കഷ്ടതകൾ മാത്രമാണ് ക്രൂശ് എന്ന് പലരും ഇന്ന് ക്രിസ്തീയ ലോകത്ത് ചിന്തിക്കാറുണ്ട് അതിൻ്റെ അകത്ത് എതിർപ്പുകളിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു ക്രൂശുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഏറ്റവും വലിയ ക്രൂശെന്ന് പറയുന്നത് എന്താ നമ്മുടെ തന്നെ അഭിപ്രായത്തിനെതിരെ നമ്മൾ ദൈവത്തിൻ്റെ അഭിപ്രായം സ്വീകരിച്ച് സ്വന്തം ഇഷ്ടത്തെ ദൈവ ഇഷ്ടത്തിനായിട്ട് താഴ്ത്തി വെക്കുന്നിടത്താണ് ക്രൂശിനെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന ചിന്തയെ നമു ഇങ്ങനെ പറയാം ക്രൂശിനെ ക്രൂശ് എടുത്തുകൊണ്ട് കഥാവിൻ്റെ പിന്നാലെ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ വ്യക്തതയുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടവും ദൈവേഷ്ടവും തമ്മിൽ ഒരു ക്ലാഷ് വന്നാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം ചെയ്യണോ ദൈവേഷ്ടം ചെയ്യണോ ഇത് തമ്മിൽ ഒരു പൊരുത്തക്കേട് വന്നാൽ നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി വെച്ച് പിതാവിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം യേശു കർത്താവ് അങ്ങനെ ആയിരുന്നല്ലോ ഗസവനത്തോട്ടത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ കേൾക്കുന്നു കർത്താവിനൊരു സ്വന്തം ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം അതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ സ്വന്തം ഇഷ്ടത്തെ അവിടെ താഴ്ത്തി വെച്ചു അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഗോൾഗോഥയിലേക്ക് കർത്താവ് ക്രൂശി ചുമക്കുന്നതിന് മുമ്പ് തന്നെ ആ ഗസമനയിൽ ക്രൂശെടുക്കുന്നത് നമുക്ക് പ്രതീകാത്മകമായിട്ടൊരു ക്രൂശ് എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് സ്വന്തം ഇഷ്ടത്തെ ദിനംതോറും മരിപ്പിച്ച് ഏർ ദൈവ ഇഷ്ടത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിൻ്റെ പിന്നാലെ വരുമ്പോഴാണ് കർത്താവിൻ്റെ ക്രൂശെടുക്കുന്നത് ആ കാര്യം യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് അപ്പോഴാണ് അപ്പൊ അങ്ങനെ തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല അതുപോലെ തന്നെ കർത്താവിനെ അനുഗമിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകൾക്കെതിരെയും അതിനോട് ഒരു ഒത്തുതീർപ്പില്ലാതെ സത്യത്തിന്റെ പക്ഷത്ത് നിന്ന് അതിന് വരുന്ന എതിർപ്പുകളും അതിൻ്റെ പേരിൽ വരുന്ന നമുക്കെതിരെ വരുന്ന ആ നിലയിലുള്ള ക്ലേശങ്ങളും ഒക്കെ സന്തോഷത്തോടെ സഹിച്ച് ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളെ പോലെ തന്നെ നമ്മൾ ആ രംഗത്തും ക്രൂശെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ് വേണ്ടത് മൂന്നാമത് മൂന്നാമതായിട്ട് ശിഷ്യത്വത്തിന്റെ മൂന്നാമതായിട്ടൊരു പടി അതിൻ്റെ ഈ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ അവിടെ പറയുന്നത് ഭൂമിയിലുള്ള വസ്തുവകകളെക്കാളേറെ കർത്താവിനെ സ്നേഹിക്കണം കണ്ടോ ഭൂമിയിലുള്ള ഒന്നും നമ്മുടേതായിട്ട് നമ്മൾ കരുതാതിരിക്കുക തീർച്ചയായിട്ടും ദൈവം നമുക്ക് തന്നിട്ടുള്ള ഭൂമിയിൽ തന്നിട്ടുള്ള വസ്തുവകൾ വീട് കാർ സൗകര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതൊന്നും കർത്താവിനേക്കാൾ കവിഞ്ഞ സ്ഥാനം നേടാനായിട്ട് നമ്മൾ എടുക്കരുത് നമ്മൾ ഹൃദയം കൊണ്ട് അതിനെയൊക്കെ വിട്ടുപിരിയണം ഭൂമിയിലുള്ള ഒന്നും നമ്മൾ സ്വന്തമായിട്ട് കരുതാതിരിക്കുക നമുക്കതിനെയൊക്കെ ഉപയോഗിക്കാം പക്ഷേ അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രധാന സ്ഥാനം കൈയടക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു ചിന്തയാണ് അവിടെ പറയുന്നത് കണ്ടോ മൂന്ന് വാക്യങ്ങൾ അതിൻ്റെ പതിനാലിൻ്റെ ഇരുപത്തി ആറ് പതിനാലിൻ്റെ ഇരുപത്തിയേഴ് പതിനാലിൻ്റെ മുപ്പത്തി മൂന്ന് മൂന്നിടത്തും ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല അല്ലെങ്കിൽ എന്നുള്ള ആ വാക്ക് ആവർത്തിച്ചു വരുന്നുണ്ട് ശിഷ്യത്വത്തിൻ്റെ മൂന്ന് പടികളാണ് അവിടെ പറയുന്നത് അത് നമ്മൾ അക്കമിട്ടിങ്ങനെ പറഞ്ഞു ദൈവത്തോടുള്ള അതുല്യമായ സ്നേഹമുണ്ടാകണം ദിനംതോറും ക്രൂശ് എടുത്ത് യേശുവിൻ്റെ പിന്നാലെ നമ്മൾ അനുഗമിക്കണം മൂന്നാമത് ഭൂമിയിലുള്ള വസ്തുവകളെക്കാൾ കവിഞ്ഞ പ്രാധാന്യം ദൈവത്തിന് നൽകുകയും ഭൂമിയിലുള്ളതൊന്നും സ്വന്തമായി കരുതാതെ ആ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ ജീവിക്കുകയും വേണം എന്നുള്ളതാണ് ഈ ശിഷ്യത്വത്തിൻ്റെ മൂന്ന് പടികളായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് ഇത് പറഞ്ഞിട്ട മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ അങ്ങനെ ജീവിക്കാത്ത ഒരുവൻ എന്താണ് കാരമില്ലാത്ത ഉപ്പ് പോലെയാകും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു ഈ കാരമില്ലാത്ത ഉപ്പ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളൊക്കെയും ഉപയോഗിക്കുന്ന ഉപ്പൊക്കെയും സംസ്കരിച്ച ഉപ്പായതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും അന്ന് ഫിലിസ്തേ ആ നിലയിൽ ഉപ്പിൻ്റെ കാരം കുറച്ച് കഴിയുമ്പോൾ നഷ്ടമായി പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതുകൊണ്ട് കർത്താവ് പറയുന്നു നമ്മളെന്തായി പോകരുത് കാരമില്ലാത്ത ഉപ്പായി പോകരുത് ശിഷ്യത്വമില്ലെങ്കിൽ ആ ക്രിസ്തീയത കാരമില്ലാത്ത ഒരു ഉപ്പാണ് എന്ന് കർത്താവ് ഇവിടെ വളരെ വ്യക്തതയോടെ പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ശിഷ്യത്വത്തിൻ്റെ സന്ദേശങ്ങൾ പറയുന്ന ആളുകൾ വളരെ കുറവാണ് കഷ്ടിച്ച് എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി എന്നൊരു മിനിമം കോമൺ പ്രോഗ്രാമാണ് പല ക്രിസ്ത്യാനികളും സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കർത്താവിനെ ആ കർത്താവിനെ പിന്തുടരുകയും അവൻ്റെ ശിഷ്യനായിരിക്കുകയും ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് കാരമുള്ള ഉപ്പായിട്ട് ഇന്ന് ഈ സമൂഹത്തിലായിരിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു നമുക്ക് നമ്മളെ തന്നെ ആ കാര്യത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം ഈ പടികളൊന്നും പ്രയാസമുള്ളതല്ല നമ്മളതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ പരിശുദ്ധാത്മാവും നമ്മളെ സഹായിക്കും നമ്മളെ മുന്നോട്ട് നടത്തും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ